അജ്ഞാനത്തിന് ലക്ഷണം പറഞ്ഞു അനാദിഭാവത്വ സ്ഥിതി ജ്ഞാന നിവർത്തിത്വം ഭാവത്വം ഭാവാഭാവവിലക്ഷണത്വം എന്നും പറഞ്ഞു ഭാവത്വം ഗ്രൗണമാണെന്നും പറഞ്ഞു ഇപ്പൊ ലക്ഷണ നിരൂപണം കഴിഞ്ഞു അടുത്ത പ്രമാണം പറയാണ് അനുമാന പ്രമാണം ദേവദത്ത പ്രമാ തസ്ത പ്രമാഭാവാതിരേകിണ അനാതിർുംസി മാ അവിഗീത പ്രമാ യഥ വിഗീതം ദദത്തനിഷ്ട്രമാണജ്ഞാനം പ്രമാഭാവതിരി അനദേവർത്താതിഗത പക്ഷം പ്രമാധ്യം അതിരി അനാദി നിവർത്തകത്വം ദൃഷ്ടാന്തം അഹേതു മത്വ പ്രമാഷ്ടാന്തം യജ്ഞദത്ത പ്രമാ യജ്ഞദത്ത പ്രമാദ്യം നോക്കേണ്ടത് ഹേതുപക്ഷത്തിനുള്ള ഒന്നാണ് നിഷ്ഠപ്രമയാണ് പക്ഷം പക്ഷത്തിൽ ഹേതു എന്താണ് പരമാത്വം ഉണ്ട് പ്രമേൽ പരമാത്വമുണ്ട് പിന്നെ നോക്കേണ്ടത് ദൃഷ്ടാന്തത്തിൽ ഹേതു ഉണ്ടോ ഒന്നാണ് ദൃഷ്ടാന്തം എന്താണ് യജ്ഞദത്തമാരമാത്വം പ്രമേഹ പരമാത്വമുണ്ട് പിന്നെ നോക്കേണ്ടത് സാധ്യം ദൃഷ്ടാന്തത്തിൽ ഉണ്ടോന്നാണ് യജ്ഞദത്ത പ്രമയിൽ നിവർത്തകത്വം ഉണ്ടോന്നു യജ്ഞത്തഗതപ്രമ നിവർത്തകമാണെങ്കിൽ അതിനെന്ത് വരും നിവർത്തകത്വം യജ്ഞദത്വപ്രമായ നിവർത്തകത്വേ സതി ം സിദ്ധ്യതി കസ്യ നിവർത്തകത്വം പറയുന്നത് ദേവദത്വ നിഷ്ഠപ്രമാ അഭാവ അതിരിക്ത അനാദേഹ നിവർത്തനം ദേവദത്വനിഷ്ഠപ്രമാ പറയുന്നത് ദേവദത്തന് മാത്രേ ഉള്ളൂ യജ്ഞതത്തന്നില്ല നിഷ്ഠാന്തം എന്ന് പറയുന്നത് യജ്ഞത്വ പ്രമേയാണ് അപ്പൊ യജ്ഞദത്ത പ്രമ എന്ന് പറയുന്നത് യജ്ഞദത്തന് ദേവദത്ത പ്രമെന്ന് പറയുന്നത് ദേവദത്തന് അപ്പൊ ദേവദത്ത നിഷ്ഠപ്രമ എന്ന് പറഞ്ഞാൽ ദേവദത്തന്റെ പ്രമ അപ്പൊ ദൃഷ്ടാന്തത്യുണ്ടോ ഇല്ല പിന്നെ എന്താ ഇവിടെ വരേണ്ടത് ദേവദത്തനുള്ള പ്രമായുടെ പ്രാഗഭാവം അതെവിടെ ഒരു ദേവദത്തന് വരും ദേവദത്ത നിഷ്ഠ പ്രമായാവ ദേവദത്തെ ഏവ വർത്തത വേറെടുത്തു വരത്തില്ല അപ്പൊ അതുവരെ ദേവദത്തൻ തോന്നും ഇനി സാധ്യം എവിടെ വരണം യജ്ഞദത്ത് പ്രമായാം അതങ്ങനെ നോക്കുക ദേവദത്ത്വ നിഷ്ഠ പ്രക പ്രമയുടെ പ്രാഗഭാവം ദേവദത്തനിൽ ി തദതിരിക്താനാദി ദേവദത്തനിഷ്ഠ പ്രമാപ്രാഗഭാവ അതിരിക്തത്വേന കിമത്ര ഗ്രാഹ്യ യജ്ഞദത്ത പ്രമാപ്രാഗഭാവ മനസ്സിലായോ ദേവദത്തനിലുള്ള പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും അതിരിക്തമായത് സനാതിയാണ് ആയിട്ടിവിടെ എന്തിനെടുക്കാം ദേവദത്തിന് ഇല്ലാത്തൊരു സാധനത്തെ എടുക്കണം അങ്ങനെ ഒരു സാധനം അന്വേഷിച്ചു പോയപ്പോ എവിടെ കിട്ടി യജ്ഞദത്തനിരിക്കുന്ന പ്രമേയുടെ പ്രാഗഭാവത്തെ കിട്ടി അപ്പോ അതിന്റെ നിവർത്തകം എന്താകും യജ്ഞദത്ത നിഷ്ഠമായ പ്രമേയുടെ പ്രാഗഭാവത്തിന്റെ നിവർത്തകം എന്തായി യജ്ഞത്ത നിഷ്ഠപ്രമ മനസ്സിലായോ ദേവദത്ത നിഷ്ഠമായ പ്രഭ പ്രമയുടെ പ്രാഗഭാവത്തിൽ നിന്നും അതിരിക്തമായ അനാദിയായ ഒരു സാധനമാണ് യജ്ഞദത്തലിരിക്കുന്ന പ്രമയുടെ പ്രാഗഭാവം അതിന്റെ നിവർത്തകം യജ്ഞദത്തപ്രമ അപ്പൊ യജ്ഞദത്ത പ്രമേനെന്തോന്നു നിവർത്തകത്വം ദത്തനിഗതിരി അതിപാർത്ഥദത്തെ സിദ്ധ്യതി സ പദാർത്ഥ യനിഷാവതി യജ്ഞാന്ത നിഷ്ട്രമാത്മക അനുഭവ അധ തവർത്തകത്വം സിദ്ധി ശരിയായ അപ്പോ സാധ്യം ദൃഷ്ടാന്തത്തിൽ അപ്പൊ ദൃഷ്ടാന്തത്തിൽ സാധ്യവും വന്നു ഹേതുവും വന്നു പക്ഷത്തിൽ ഏതും വന്നുകഴിഞ്ഞാൽ പക്ഷത്തിൽ എന്ത് വേണം സാധ്യം വേണം അപ്പൊ പക്ഷത്തിൽ എന്തുവന്നു ദേവതത്വ നിഷ്ഠ പ്രമയിൽ നിന്ന് പ്രമേയുടെ പ്രാഗഭാവത്തിൽ നിന്നും അന്യമായ അനാദിയായ ഏതോ ഒന്നിന്റെ നിവർത്തകത്വം വന്നു അപ്പവിടെ ദേവദത്ത് നിഷ്ഠ പ്രമ പ്രാഗാവത്തിൽ നിന്നും അതിരിക്തമായ അനാദിയായ ഒന്ന് എന്തായാലും പ്രമപ്രാഗുഭാവമല്ല അതിലൊന്നും അതിരിക്തമെന്ന് പറഞ്ഞോ ദേവദത്ത പ്രമയുടെ പ്രാഗുഭാവത്തെ എടുക്കാൻ പറ്റില്ല എന്നുണ്ട് പ്രാഗഭാവ അതിരിക്ത അതിരിക്തമായ അനാദിയായ ഒന്നിന്റെ നിവർത്തകമാകണം എന്ത് ദേവദത്തെ പ്രമ അനാദിയായ ഒന്നിന്റെ നിവർത്തകം ഏതെങ്കിലും ആയാൽ പോരാ ഒന്നിൻ്റെ നിവർത്തകമായിരിക്കണം ദേവദത്തനുള്ള പ്രമ ഇവിടെ പ്രമ നിവർത്തിപ്പിക്കുന്നത് പ്രധാനമായും പ്രമയുടെ പ്രാഗഭാവത്തെയാണ് പക്ഷെ ഇവിടെ സാധ്യത പ്രാഗഭാവ അതിരിക്തമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രമ കൊണ്ട് നിവർത്തിക്കുന്നത് പ്രാഗഭാവ ആകത്തില്ല പിന്നെ ദേവദത്തനു നിവർത്തിക്കുന്ന പല സാധനങ്ങളും കാണും അതിനെയൊന്നും എടുക്കാൻ പാടില്ല പിന്നെ എന്തിനാ എടുക്കണം എന്തിനെടുക്കണം എന്തിനെ എടുക്കണം അതാണ് പ്രധാന പോയിന്റ് ജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നതിനെ എടുക്കണം മനസ്സിലായോ കാരണം ഈ സംഭവം നടക്കുന്നത് എവിടെയാണ് ദേവദത്വ നിഷ്ഠപ്രമേയിലാണ് പക്ഷെന്താണോ ദേവതത്വനിഷ്ഠ പ്രമേയിലാണ് അപ്പോ ആ പ്രമകൊണ്ട് നിവർത്തിക്കുന്നതിൽ നിവർത്തിക്കുന്നു വേണം അപ്പൊ പ്രമകൊണ്ട് നിവർത്തിക്കാമെന്നുള്ള രണ്ട് കാര്യമാണ് ഒന്ന് പ്രമയുടെ പ്രാഗഭാവം അതിനെടുക്കാതിരിക്കാൻ വേണ്ടി എന്തു പറഞ്ഞു പ്രാഗഭാവത്തിൽ നിന്നും ഭിന്നമായതുമായിരിക്കണം പിന്നെ പ്രമ കൊണ്ട് നിവർത്തിക്കുന്നുമായിരിക്കണം ഇപ്പോൾ പ്രമകൊണ്ട് നിവർത്തിക്കുന്നത് അത് പിന്നെ എന്താവണം അനാദിയാവണം പ്രാഗമാവാൻ പാടില്ല അനാദിയായിരിക്കണം ഭ്രമ കൊണ്ട് നിവർത്തിക്കുന്നു ആകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് അജ്ഞാനമാണ് പിന്നെ ശേഷിക്കുന്നത് അജ്ഞാനമാണ് ആ ജ്ഞാനം ഇപ്പോൾ അനാദിയായി ഭാവമായി അനാദി എന്ന് പറഞ്ഞല്ലോ അനാദേഹം നിവർത്തകമെന്നാ പറഞ്ഞു ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞു ഭാവാഭാവ വിലക്ഷണമാണ് ഭാവാഭാവ വിലക്ഷണമായ അനാദിയായ അജ്ഞാനം പ്രമ കൊണ്ട് നിവർത്തിക്കുന്നു എന്നു സാധ്യസിദ്ധമായി അതുകൊണ്ടാണ് ഇവിടെ ദേവദത്ത് പ്രമേയം പക്ഷത്തിൽ സാധ്യം വരണം പക്ഷമായി പുരമാ ഇപ്പൊ സാധ്യം എന്ന് പറയുന്ന എന്തുവരുന്നു പക്ഷത്തിൽ നിവർത്തകത്വം നിവർത്തകത്വം എവിടെ വരത്തുള്ളൂ നിവർത്തകത്വം എവിടെ വരത്തുള്ളൂ നിവർത്തകത്തിലേ വരത്തുള്ളൂ നിവർത്തകേ നിവർത്തകത്വം സിദ്ധ്യതി അത്ര നിവർത്തിക്ക അസ്യം പ്രമായാം നിവർത്തകത്വം പക്ഷേ സാധ്യ സിദ്ധി മനസ്സിലായോ പ്രമാന്ന് പറയുന്നത് എന്തായി നിവർത്തകമായി എന്തിനെങ്ങനെ നോർത്ത് വയ്ക്കുന്നായാലും അതിലെന്ത് വരും നിവർത്തകത്വം ഇവിടുത്തെ പക്ഷത്തിൽ സാധ്യം പറഞ്ഞു പക്ഷം എന്ന് പറയുന്നത് എന്താണ് പ്രമ അത് നിവർത്തകമായ തോന്നുന്നു നിവർത്തകത്വം അപ്പോ അത് എന്തിനെ നിവർത്തിപ്പിക്കണം അനാദിയായി ഒന്നിനെ നിവർത്തിപ്പിക്കണം എന്നാൽ അത് എന്താകാൻ പാടില്ല പ്രാഗഭാവൻ പാടില്ല അപ്പൊ പ്രാഗഭാവ ഭിന്നമായി അനാദിയായി പ്രമ കൊണ്ട് നിവർത്തിപ്പിക്കുന്ന നിവർത്തിക്കുന്ന ഏതാണ് സാധ്യത്തിൽ അജ്ഞാനം എന്ന് പറഞ്ഞില്ല കാരണം അത് വിവാദമുള്ള കാര്യമാണല്ലോ പക്ഷെ പ്രമകൊണ്ട് നിവർത്തിക്കുന്നതും അനാദിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിജാനും സിദ്ധമായി പിന്നെ നമ്മളിത് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനാണ് പറഞ്ഞത് എന്ത് പ്രാഗഭാവം അല്ലേ പക്ഷേ അവിടെ സാധ്യത്തിൽ എന്താ പറഞ്ഞ അഭാവാ അതിരിക്തമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞോ അപ്പോൾ എന്നി നോക്കുക പ്രമകൊണ്ട് നിവർത്തിക്കണം അത് അഭാവമായിരിക്കാൻ പാടില്ല അനാദിയായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അഭാവവിലായ അല്ലെങ്കിൽ ഭാവാഭാവവിലായ അജ്ഞാനം ശ്രദ്ധിച്ച് കാരണം അഭാവഭിന്നമെന്ന് പറഞ്ഞത് അപ്പോ ഭാവം എന്ന് പറഞ്ഞാലും ഭാവം എന്ന് പറഞ്ഞാലും അഭാവവിലണമെന്ന് പറഞ്ഞാലും ഭാവാഭാവവിലണമെന്ന് പറഞ്ഞാലും ഒന്നാണ് അതിന്റെ അർത്ഥം ഒന്നാണ് ഭാവമൊന്നും പറയാം അഭാവ വിലക്ഷണമെന്നും പറയാം ഭാവാഭാവ് ലക്ഷണമെന്നും പറയാം ഇവിടെ എന്ന് പറഞ്ഞു സാധ്യത്തിൽ അഭാവ അതിരിക്തമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഏതർത്ഥം എടുക്കാം എങ്ങനെ എടുക്കാം ഭാവാഭാവ വിലക്ഷണം എന്നെടുക്കാം അഭാവ ഭിന്നും എടുക്കാം നല്ല ഭാവമൊന്നും എടുക്കാം അപ്പോൾ ഒത്തു വന്നു ഇത്രയും കാര്യങ്ങൾ ഒത്തുവന്നു അപ്പോൾ എന്താണ് ലക്ഷണം പറഞ്ഞത് അനാദി ഭാവത്വ സതി അപ്പൊ അനാദി എന്ന് എങ്ങനെ ശ്രദ്ധിച്ചു അനാദിയർ നിവർത്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഭാവത്വം എന്നുള്ളത് എങ്ങനെ ശ്രദ്ധിച്ചു അഭാവ അതിരിതം എന്ന് പറഞ്ഞു പിന്നെ ജ്ഞാന നിവൃത്തിയെന്നുള്ളത് എന്തുകൊണ്ട് എങ്ങനെ ശ്രദ്ധിച്ചു നിവർത്തകം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ എന്തൊക്കെയായി ലക്ഷണവുമായി പ്രമാണുമായി ഹനുമാനത്തിലൂടെ ശ്രദ്ധിച്ചോ അദ്ധൈതി എന്താണോ ഉദ്ദേശം അത് ഹനുമാനത്തിലൂടെ ശ്രദ്ധിച്ചോ ഹനുമാനത്തിലൂടെ ശ്രദ്ധിച്ചു ഇനി അതിന് സംശയമൊന്നുമില്ല ദാധികത പ്രമാനം അപ്പോ ഇവിടെ പറയുന്നത് പ്രമകൊണ്ട് നിവർത്തിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്നത് അത് അനാദിയായിരിക്കും അഭാവവിലും ആയിരിക്കും എന്തോ പ്രമാണം കൊണ്ട് ഏതിനാണോ ലക്ഷണം പറഞ്ഞത് ആ ജ്ഞാനം സിദ്ധിച്ചു അനാദിഭാവത്വ സതി ജ്ഞാനുവർത്തി എന്ന് പറഞ്ഞ ആ ജ്ഞാനം സിദ്ധിച്ചു ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ അപ്പോ അങ്ങനെ അദ്വീതിയുടെ സിദ്ധാന്തപ്രവാഹനാണെങ്കിൽ പ്രപഞ്ചം നിവർത്തിക്കുന്നുണ്ട് എന്തിനാ കർമ്മത്തിൽ പോകുന്നു അത് തന്നെ ദേവദത്ത പ്രപഞ്ചം തന്നെ നിവർത്തിക്കുന്നു അല്ല ഇവിടെ പറയുന്നത് അതൊന്നും എടുക്കാൻ വയ്യാത്തത് എന്തുകൊണ്ടാണ് സദ്യത്തിൽ പറഞ്ഞു അഭാവ അതിരിക്തം ഭാവാഭാവ വിലക്ഷണം ഭാവാഭാവ വിലക്ഷണം എന്ന് പറയുന്നത് അനാദിയായി എന്ന് പറയുമ്പോ ഇവിടെ ഏതെടുക്കണം അജ്ഞാനത്തെ എടുക്കണം അതും പറയുന്ന എന്താണ് ദേവതത്തുണ്ടോ യജ്ഞതത്തെല്ലോ നിഷ്ഠമാണ് എന്ന് പറയുമ്പോ പ്രപഞ്ചത്തെ എടുക്കാൻ പറ്റില്ല പ്രപഞ്ചം എന്ന് ബ്രഹ്മനിഷ്ഠമാണ് അത് കർമ്മം പറഞ്ഞാൽ അത് ഭാവമായില്ലേ എങ്ങനെ അത് നേരത്തെ വ്യാഖ്യാനിച്ചല്ലോ എന്താണ് അഭാവാതിരിക്തം എന്ന് പറഞ്ഞാൽ എന്താണ് മുമ്പ് തന്നെ വ്യാഖ്യാനിച്ചത് ഭാവാഭാവിലൂപ ഭാവം അതാണ് അഭാവ ഭിന്നം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലേ വേറെ ഒന്നിനും എടുക്കാൻ പറ്റില്ല അല്ല നിവർത്തിക്കാന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ നിവർത്തിച്ചു പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പറഞ്ഞെന്താണ് പ്രമകൊണ്ട് നിവർത്തിക്കുന്നതും നിവർ ആ വ്യക്തിയിലിരിക്കുന്നതുമായിരിക്കും അവിടെ ആദ്യം പറഞ്ഞല്ലേ ദേവദത്തനിഷ്ഠപ്രമാണജ്ഞാനൊന്നു പറഞ്ഞു ദേവദത്ത നിഷ്ഠപ്രമാ എന്ന് രണ്ടാമെന്ന് പറഞ്ഞുണ്ട് പ്രമാ അഭാവ അതിരിക്തം എന്ന് പറഞ്ഞു അതിരിക്തമായിരിക്കുന്ന വസ്തു ദേവദത്ത നിഷ്ഠമാണ് ഞാൻ വെള്ളം കുടിക്കുമ്പോഴും തീറ്റിരുമ്പോഴൊക്കെ എൻ്റെ ഇവിടെ ഇങ്ങനെ കയറി തടയുന്ന ഒരു സാധനമാണ് ഈ അജ്ഞാനം ഉള്ളിലിരിക്കുന്നതാണ് എൻ്റെ ഉള്ളിലിരിക്കുകയാണ് അതിന് തട്ടാതെ വെള്ളത്തിന് താഴോട്ട് പോകാൻ പറ്റത്തില്ല അതിൻ്റെ എവിടെയെങ്കിലും ഇരിക്കുന്ന അജ്ഞാനം എന്ന് പറഞ്ഞിട്ട് കാര്യം ച്ചാ തൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു അജ്ഞാനത്തിൽ തട്ടിയല്ല വെള്ളം ഇറങ്ങുന്നു എൻ്റെ ഉള്ളിൽ അത് ഇരിക്കുകയാണ് എന്നുവെച്ചാൽ സാക്ഷി ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുകയാണ് അത് കല്ലുപോലെ ഇരിക്കുകയാണ് ഭാവരൂപത്തിൽ അങ്ങനെയൊക്കെ സങ്കല്പിച്ച് നോക്കണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ ഭാവന കൂടെ വേണം അല്ലാതെ ഇതൊന്നും മനസ്സിലാക്കില്ല ആ അത് ഭാവ അഭാവലക്ഷണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ലാവ പോലെയിരിക്കും ഉരുകിയിരിക്കും ഇത്ര കട്ടിയാണ് ശാലം അത് ലൂസായിരിക്കും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ലക്ഷണം പറയുമ്പോ എന്തു പറഞ്ഞു അങ്ങനെയെന്ന് സർവേഷാമപ്യജ്ഞാന മുക്തരൂപത്രേ അനുഗമ എല്ലാ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലെ അജ്ഞാനവും സുഷൃത്തിയിലെ അജ്ഞാനവും നിന്റെ അജ്ഞാനം എന്റെ അജ്ഞാനവും ഇന്നലത്തെ അജ്ഞാനവും നാളത്തെ അജ്ഞാനവും എല്ലാം ഇതെല്ലാ അജ്ഞാനവും ഇതുകൊണ്ട് എടുക്കണം സുഹൃത്തിയിലുള്ളതിനും കൂടെ എടുക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് സർവേഷാം അജ്ഞാന സർവേഷാം അഭി അജ്ഞാന അതെല്ലാം വരും ഇനി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഇപ്പൊ പറയണം വിജ്ഞാനം ഈസ് നെസറി ഫോർ അദ്വൈതി ആൾസോസ് ഫോർ അക്കോർഡിംഗ് ടു നയായി ഗ There is nothing, ദർ ഈസ് നത്തിങ് അജ്ഞാനം ലൈക്ക് അനാദി ആൻഡ് ഭാവം ദിസ് ഒള്ളി ഫോർ അദ്വൈതി നയ്യായിക ഒള്ളി അഭാവം ഈസ് ജ്ഞാനാഭാവം എന്നിട്ട് അനാദി ഭാവരൂപ അജ്ഞാനം Hmm? Yes. is prama no നിവർത്തകം ഇ പ്രോ നോ നിവർത്തകം ഇമ നിവർത്തകം മീൻസ് നിവൃത്തിം കൂതിവർത്തക നിവൃത്തി is doing by prama മൊള്ളി വൈ പ്രമാ അനാദിഭാവനിവർത്തൊള്ളി വൈ പ്രമാ അജ്ഞാന പ്രമാഭാവനിവൃത്തിരേവനുത്തിക മനത്തെ ദേവദത്തപ്രമാനിഷ്ഠപ്രമാഭാവ അനാദി നിവൃത്തി രീതി പറയുന്നു അതിന് വിശേഷമൊന്നുമില്ല ഈ പറഞ്ഞ അനുമാനത്തെ സംബന്ധിച്ച് ഈ താർക്കികന്മാരെ തന്നെ ചിലർ പറയുന്നു അഭാവ നിവൃത്തി എന്ന് പറഞ്ഞാൽ ഭാവമാണ് അതായത് പാത്രം ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രാഗഭാവം നശിച്ചു അപ്പോൾ ഈ പ്രാഗഭാവനാശം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത് പാത്രം അല്ലാതെ ഇനി പ്രാഗഭാവനാശം എന്ന് പറഞ്ഞാൽ പാത്രത്തിൻ്റെ പുറത്തൊരു നാശമായിരിക്കുന്നു അതേ പാത്രത്തിൻ്റെ അടിയിലാണ് എവിടെയെങ്കിലും ഉണ്ടോ അല്ല പറയുന്നത് എന്താണ് പാത്രം ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രാഗഭാവം നശിച്ചു നശിച്ചു എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം പാത്രം ഉണ്ടെന്നാണ് അപ്പോൾ അഭാവനിവൃത്തി ഹീഭാവമേവ എന്നുള്ള പക്ഷമനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സാധ്യത എന്താ പറഞ്ഞത് അനാദേഹേ നിവർത്തകമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനമുണ്ടായപ്പോൾ ആ ജ്ഞാനം അതിൻ്റെ പ്രാഗഭാവത്തെ നശിപ്പിച്ചു അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് എന്തായി നിവർത്തകം അപ്പോൾ പറയുന്നു ജ്ഞാന നിവർത്തകമല്ല പിന്നെ എന്താണ് അത് നിവൃത്തിയാണ് എന്തുകൊണ്ട് അത് പ്രകഭാവത്തിൻ്റെ നാശം എന്ന് പറയുന്നത് ഭാവരൂപമാണ് ഭാവരൂപം എന്ന് പറഞ്ഞാൽ അത് നിവൃത്തിയാണ് നിവൃത്തി ആ വസ്തുവാണ് അല്ലാവിടെ പ്രകഭാവനാശം എന്ന് പറയുന്ന മറ്റൊരു വസ്തുവില്ല താർക്കികന്മാർ സാറിന് പറയും എന്താണോ പ്രാഗഭാവത്തിന്റെ ധ്വംസം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ധ്വംസം ഉണ്ടെന്നോ പ്രാവ പ്രാഗഭാവധ്വംസം എന്ന് പറയുന്നത് ഇങ്ങനെ അനാജി അനന്തമായി പോകുന്ന അതിനെ ചിലത് പറയുന്നു അങ്ങനെ ഒന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ നമ്മൾ പ്രതീതി ശുദ്ധമായിരിക്കുന്ന എന്താണ് ആ വസ്തുവാണ് അത് നിവർത്തകമല്ല മറിച്ച് നിവർത്തിയാണം അങ്ങനെയാണെങ്കിൽ നിവർത്തകം എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ എങ്ങനെ പരിഷ്കരിക്കണം ഈ ലക്ഷ ഈ അനുമാനത്തിൽ അനാദേഹേ നിവൃത്തി എന്ന് പറഞ്ഞാൽ അനാദേഹേ നിവൃത്തി രൂപ പ്രമ എന്നർത്ഥം മനസ്സിലെ പ്രമ കൊണ്ട് പ്രാഗഭാവം നശിക്കുമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ആ പ്രമ നിവർത്തകമല്ല പിന്നെ എന്താണോ നിവൃത്തി രൂപമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അനുമാനത്തിൽ ഒന്നും വേറെ വരുന്നില്ല വേറെ കൂട്ടർക്ക് ഈ പ്രാഗഭാവനാശത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ട് അതുകൂടി ഇവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അനുമാനത്തിലോ പ്രയോഗത്തിലോ ബാക്കി കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല അതിനെക്കൂടെ സ്വീകരിച്ചുവെന്നുള്ളതേ ഉള്ളൂ ആ പക്ഷത്തെക്കൂടെ പ്രാഗഭാവത്തിൻ്റെ നിവർത്തകമല്ല കാര്യം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പറയാണ് ഭാവരൂപത്തിലുള്ള ഒരു കാര്യം പ്രാഗഭാവത്തിൻ്റെ നിവർത്തകമല്ല മടിച്ചത് നിവൃത്തിയാണ് ഏച്ചാൽ ആ അഭാവം ഭാവരൂപത്തിലിരിക്കുന്നു പ്രാഗഭാവത്തിന്റെ ധ്വംസം എന്ന് പറയുന്ന അഭാവം അത് ധംസമല്ല പിന്നെന്താണ് അത് ഭാവമാണ് അതിനാണ് നിവൃത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയാൻ എന്താണ് അത് ആ ം നിവർത്തിച്ചിട്ട് ഇല്ലാതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എങ്ങനെ കാര്യരൂപത്തിൽ അതില്ലാതെയായി പക്ഷെ അതെങ്ങനെ ഇരിക്കുന്നു എങ്ങനെ കാര്യമായിട്ടിരിക്കുന്നു ശൂന്യമല്ല കാര്യമുണ്ട് ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഉം അല്ല അത് ഇവിടെ പറയുന്നത് എന്താണോ ീ ഭാവം എന്ന് പറയുന്നത് മറ്റേതിനെ നശിപ്പിച്ചാണ് ഏതിനെ പ്രാഗഭാവത്തെ അഭാവത്തിൽ നിന്നും ഭാവം ഉണ്ടായ അങ്ങനെ എന്താ പറയുന്നത് ഇവിടെ ഉണ്ടായ കാര്യം അത് ഭാവമാണ് അതെന്ത് ചെയ്തു പ്രാഗഭാവത്തെ നശിപ്പിച്ചു നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവം പ്ലസ് ധ്വംസം രണ്ടില്ല അതാ പറയുന്നു ഭാവമേ ഉള്ളു പ്രാ കാര്യം പ്ലസ് പ്രാഗഭാവധ്വംസം അങ്ങനെ രണ്ടെണ്ണം ഇല്ല ഒന്നേ ഉള്ളൂ ഏതാണ് പ്രാഗഭാവം കാര്യം കാര്യം മാത്രമേ ഉള്ളൂ സാധാരണ പറയുന്ന എന്താണ് ഒരു കാര്യം വരുമ്പോൾ അതിന്റെ പ്രാഗഭാവം നശിക്കുന്നു അപ്പൊ കാര്യവും ഉണ്ട് പ്രാഗഭാവധ്സും ഇപ്പൊ കാര്യം പ്ലസ് പ്രാഗഭാവ ധുംസത്തിന്റെ സ്ഥാനത്ത് എന്താണ് കാര്യം മാത്രം പ്രാഗഭാവ് ധംസം മൈനസ് പോയില്ല എങ്ങനെ കടം നശിച്ച് കഴിഞ്ഞാൽ അതിന്റെ ധ്വംസം എന്തെ നോക്കൂക്കൂ എന്നാ പിന്നെ പ്രാഗഭാവം നശിച്ചാലും ധംസം ധ്വംസം ഏതിന് സംഭവിച്ചാലും ആ ധ്വംസം തടഞ്ഞിക്കണമല്ലോ പ്രാഗഭാവം എന്ന് പറയുന്നത് ധ്വംസംസം അതെ ചോദ്യ ഘടം ഉണ്ടാവുന്നത് വരെ എന്തുണ്ടായിരുന്നു പ്രാഗഭാവം ഘടം പിന്നെ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത് ധംസം ഉണ്ടവിടെ അതിന് ധംസം സംഭവിച്ചോ അപ്പൊ പിന്നെ ധ്വംസം ഉണ്ട് ഏ ധ്വംസം നശിച്ചെന്ത് വരും പിന്നെ അവിടെ ഘടം കാണത്തില്ല എന്തുകൊണ്ട് പ്രാഗഭാവമായിരിക്കും പ്രാഗഭാവത്തിന്റെ ധ്വംസം നശിച്ചു കൊന്നിരിക്കട്ടെ അവിടെ എന്തുവരും പ്രാഗവം നയിക്കും പിന്നെ ഘടം കാണൂ ഏ മീൻസ് ഘടധ്വംസം ഘടധ്വംസം ബിഫോർ ദാറ്റ് ഘടം മാസ് ദിവസം Means, Se Praga hmm? There is is a question that Domsa Praga plus khadam മീൻസ് ധംസസ് പ്രാഗഭാവം ദസ്റ്റ്യൻ ദാറ്റ് there. പ്രാഗഭാവം പ്ലസ് ഘടം ഓർ പൊള്ളി ഖടം ഈസ് തേർ dhumsam plus ലൈക് or പ്രാഗഭാവ ധ്വംസം പ്ലസ് is a question. So there are two 50000 there some people consider there is both are there some people say no only one bhava only there that is apne apne keval for both dhamsa uh, praga bhavdhamsam dhamsa praga bhav adondana adin edathu and rendu pakshamu adu angana parayan karanam endana praga bhavo dhus എന്ന് പ്രതീതിയുണ്ട് അനുഭവം ഉണ്ടല്ലോ ഘടം ഇരിക്കുന്ന ആണെന്ന് പറയുന്നു പ്രാഗഭാവോദ്ധ്വസ്ത പ്രതീതിയുണ്ടെങ്കിൽ പ്രതീതിക്ക് വിഷയം വേണ്ടേ അപ്പൊ പ്രാഗഭാവധ്വംസമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ പറയുന്നു അങ്ങനെയുള്ള പ്രതീതി എന്ന് പറയുന്നത് അതിന്റെ വിഷയം ഘടം തന്നെയാണല്ലോ ധംസമല്ല എന്തുകൊണ്ട് ഒരാൾ ഘടത്തെ കണ്ടിട്ടാണ് പറയുന്നത് എന്ത് പ്രാഗധ്വംസ്ത അതുകൊണ്ട് അവിടെ ഘടമേ ഉള്ളൂ അപ്പം വേറെ ആൾ തർക്കം പറയുന്നത് അതങ്ങനെ പറയാൻ പറ്റും ഘടത്തെ കണ്ടിട്ടാണെങ്കിൽ എന്തു പറയണം ഘടകോ അസ്ഥി എന്നാ പറയുന്നത് ഇവിടെ അങ്ങനെയല്ല പറയുന്നത് എന്താണ് പ്രാഗഭാവോസ്തഹ എന്നാണ് അപ്പൊ പ്രാഗഭാവധ്വംസമുണ്ട് അങ്ങനെയല്ല നിങ്ങളാ പറയുന്നത് ഘടത്തെ കണ്ടിട്ടാ പറയുന്നത് എന്ത് പ്രാഗഭാവധ്വസ അപ്പൊ ഘടമാണവിടെയുള്ളത് ഇങ്ങനെ തർക്കിച്ചു കഴിഞ്ഞാൽ രണ്ടും പറയാറുണ്ട് പ്രാഗഭാവം അങ്ങനെ തീരുന്നുണ്ട് അത് തർക്കം തീരുന്ന കാര്യമുണ്ട് രണ്ടും പ്രതീതി അനുസരിച്ച് പറയാം ധ്വസ്ത എന്നുള്ള പ്രതീതിയെ സ്വീകരിക്കുകയാണെങ്കിൽ പ്രാഗഭാവ ധ്വംസത്തെ സ്വീകരിക്കും അല്ല ഘടപ്രതീതിയെ വച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ ഘടമായിട്ട് സ്വീകരിക്കണം പ്രാഗഭാവത്തിനും ധ്വംസത്തിനും രണ്ടിനെയും കൊണ്ട് പറയുന്നതെന്നാണ് പ്രതീതി ശുദ്ധമെന്നാണ് കപാലത്തെ നോക്കിയിട്ട് കുലാലൻ പറയാണ് അത്ര ഘടോ ഭവിഷ്യതീ ഈ പ്രതീതി കൊണ്ടാണെന്ന് പറയുന്നത് പ്രാഗഭാവം സിദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പ്രതീതി ശുദ്ധമായ കാര്യങ്ങൾ പ്രതീതിയെ വ്യാഖ്യാനം അനുസരിച്ച് വരും എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതനുസരിച്ച് രണ്ടും പറയും അതുകൊണ്ടിവിടെ പറയുന്നു ഏതു പ്രമാഗാവ നിവൃത്തിരേവ നതു നിവർത്തിക്ക ഇത് നമ്മൾ ഘടത്തെക്കുറിച്ച് പറഞ്ഞു കൂടെ പ്രമേയക്കുറിച്ച് പറയുന്നു പ്രമാ എന്ന് പറയുന്നത് പ്രമാപ്രാഗഭാവ നിവൃത്തിയാണ് നിവർത്തികയിലെ മന്യതേ താൻ പ്രതി അവരെ സംബന്ധിച്ച് ദേവദത്വ പ്രമാ പക്ഷം മാറ്റമൊന്നുമില്ല തന്നിഷ്ട പ്രമാ അഭാവ അതിരിക്ത അനാദി നിവൃത്തി എന്നറങ്ങി നേരത്തെ പറഞ്ഞ നിവർത്തകം വേണ്ട ഇതി പ്രയോക്തവ്യം ബാക്കിയെല്ലാം ശരിയെന്നാണ് അസമവേദസംവേദന്യസംവേദത്വം വാധി പറയാം എന്താണ് ഏതത് അസമവേദത്വം അല്ലെങ്കിൽ അന്യ സംവേദത്വം ഉപാധി എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല ചിന്തിക്കണം എന്നാലും ഉപാധി മനസ്സിലാവും എങ്ങനെ എങ്ങനെ സാധ്യവ്യാപകത്വം വരും എങ്ങനെ സാധന വ്യാപകത്വം വരും അപ്പം ഏതെല്ലാം വഴിക്ക് അത് പോയി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞു വരുന്നു ഇതെല്ലാം ചിന്തിക്കണം ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ഇനി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഉറങ്ങും അതുകൊണ്ട് ഉപാധിയെ നമുക്ക് മാറ്റിവെക്കാം